ഞങ്ങളുടെ രക്ഷിതാവേ വിശ്വാസത്തിലേക്ക് വിളിക്കുന്ന ഒരു വിളി കേട്ടു ഞങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുവിൻ എന്ന് അവൻ വിളിച്ചു അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു അതിനാൽ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു ഞങ്ങളുടെ തെറ്റുകൾ നീക്കി തരയണമേ ഞങ്ങളെ മരിപ്പിക്കണമേ